പാർസാരതിരുപേ ശുഭം ഗിരം പാർയാർത്തിഹരോ കൃപമൂർത്തിനർനോ വാച യോയോസ് യാമ്യേന മധുസൂദന ഹം നശയാ ചഞ്ചല സ്ഥിതി ചഞ്ചലം ഹി മനഃഷ്ണിബലവൃം തഹം മന്േ വായരിവ സുദുഷ്കരം ഈ രണ്ട് ശ്ലോകമാണ് ഇന്നലെ കണ്ടത് ഇത്രയും ശ്ലോകങ്ങളില് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം വരെ ധ്യാനയോഗത്തിനെ പറഞ്ഞു യോഗസ്ഥിതി എന്താണ് എന്ന് പറഞ്ഞു സമാധിസ്ഥിതിയെ കുറിച്ച് പറഞ്ഞു സ്ഥിതപ്രജ്ഞത്വത്തിനെ കുറിച്ച് പറഞ്ഞു ഇത്രയൊക്കെ പറഞ്ഞിട്ട് അർജുനൻ ഇതൊന്നും മനസ്സിന്റെ ചാഞ്ചല്യം കൊണ്ട് നേരെ ചൊവ്വയെ പിടികിട്ടില്ല എന്നാണ് പറഞ്ഞു ഒട്ടും മനസ്സിലായില്ല ഏതസ്യാഹം ന പശ്യാമീ ചഞ്ചലത്വാ സ്ഥിതി ഈ യോഗസ്ഥിതിയെ എന്നിൽ എനിക്ക് കാണാൻ പറ്റണില്ല അത് എന്നിൽ തന്നെ ഉള്ളതാണെന്ന് ഭഗവാൻ പറയണു പക്ഷെ എനിക്ക് കാണാൻ വയ്യല്ലോ കാരണമോ കുഴപ്പം എന്റെയാണ് കുഴപ്പം എന്റെയാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ കുഴപ്പമല്ല സാധാരണ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് പറയും ഇദ്ദേഹം പറയണതൊന്നും നമുക്ക് മനസ്സിലാവണില്ല എന്ന് കുഴപ്പം നമ്മളുടെയാണെന്ന് തീരുമാനിക്കില്ല എന്താന്ന് വെച്ചാൽ സത്യത്തിനെ ഒരു വിധത്തിലല്ലേ പറയാൻ പറ്റുകയുള്ളു സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വന്നാൽ അർത്ഥം തന്നെ മാറിപ്പോകും പാൽ ഒരുപാട് കുടിച്ച് ഒരു കുട്ടിക്ക് വല്ലാതെ വയറിന് സൂക്കഴുപിടിച്ചു അപ്പൊ വീട്ടില് മുത്തന് കണ്ണെ കാണില്ല ജന്മനാ അന്ധനാണ് അയാള് ചോദിച്ചു എന്തു പറ്റി കുട്ടിക്ക് പാല് കുടിച്ചിട്ട് സൂക്കടി കുടിച്ചു പഴയകാലത്തൊന്നും എല്ലായിടത്തും ഒന്നും പാല് കിട്ടില്ല ഇപ്പോഴൊക്കെ എല്ലായിടത്തും നമുക്ക് പാല് കിട്ടിണ്ട് ഏത് കടയില് പോയാലും പാല് കിട്ടും പാലാണെന്ന് പറഞ്ഞ് നമ്മളൊന്നും വാങ്ങിച്ചോണ്ട് വരണോ അത്രേ ഉള്ളൂ മുമ്പൊക്കെ നമ്മളുടെ നാട്ടിലെ പശുക്കളൊക്കെ ഒന്ന് ലിറ്റർ പാല് കറന്ന വലിയ പശുവായി പക്ഷെ അത് പാലായിരിക്കും ഇതിപ്പോ പാലൊന്നുമല്ല അപ്പൊ പാലൊരുപാട് കുടിച്ചു വേറിന് ദേണക്കേട് പിടിച്ചു പറഞ്ഞപ്പോ ഈ അന്ധൻ ചോദിച്ചു പാലോ അതെങ്ങനെ ഉണ്ടാവും അത് വെളുത്തിട്ടിരിക്കും അപ്പൊ വെളുപ്പം എന്ന് വച്ചാ എങ്ങനെ ഇണ്ടാവും അത് കൊക്കിനെ പോലെ ഇരിക്കും അപ്പൊ കൊക്കെങ്ങനെ ഉണ്ടാവും അപ്പൊ ഇയാൾക്ക് കൈ ഇങ്ങനെ വളച്ച പിടിച്ചിട്ട് തൊട്ടുനോക്കാൻ പറഞ്ഞുതാ ഇതുപോലെ ഉണ്ടാവും കൊക്ക എന്ന് പറ ഇത്രയും വലിയ സാധനം വിഴുങ്ങിയോ കുട്ടി എന്നിട്ടും ജീവിയോടെ ഇരിക്കണോന്ന് പാലിനെ പറഞ്ഞു കൊടുക്കാൻ പുറപ്പെട്ട് എക്സാമ്പിൾസ് എക്സാമ്പിൾസ് ഉപമാനം ഉപമകൾ കൊടുത്തു കൊടുത്ത് വന്നപ്പോ എവിടെ പോയി എത്തി ഇതുപോലെയാണ് ആകാശം ആകാശം പോലെ കടല് കടല് പോലെ പറയാൻ പറ്റുള്ളൂ ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല ഗനം ഗഗനാകാരം സാഗരസാഗരോപ രാമരാവണം രാമരാവണ ഉപമിക്കാൻ വയ്യാത്തതിനെ എങ്ങനെ ഉപമിക്കും സിംപ്ലിഫൈ ചെയ്യാൻ എങ്ങനെ പറ്റും സത്യം തന്നെ സിംപിളാണ് പക്ഷെ നമ്മളുടെ ബുദ്ധി വളരെ കോംപ്ലക്സാണ് അതുകൊണ്ട് നമുക്കത് വിഷമം പിടിച്ച പോലെയും മനസ്സിലാവാത്ത പോലെയൊക്കെ തോന്നും അതിന് ശാസ്ത്രമോ ജ്ഞാനികളോ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല കുഴപ്പമെന്താ നമ്മളുടെ മനസ്സിന് സൂക്ഷ്മത പോരാ നമ്മളുടെ മനസ്സിന് പക്വത പോരാ അതുകൊണ്ടാണ് അത് അർജുനൻ മനസ്സിലാക്കി കൊണ്ട് തന്നെയാ പറയണത്തെ ചഞ്ചലം ഹി മന കൃഷ്ണ കൃഷ്ണ മനസ്സ് വളരെ ചഞ്ചലമായിട്ടിരിക്കണം ചപലമായിട്ടിരിക്കണം പ്രമാധി പ്രമധനശീല ഇത്തിരി എന്തെങ്കിലും കുറച്ച് കിട്ടി വിചാരിച്ചാൽ പോലും കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ ചലിച്ചു പോവും അതാണ് പ്രമദനം ഭക്തജന പാപാദി ദോഷ ആകർഷണാത് കൃഷ്ണ എന്നിവിടെ കൃഷ്ണ ശബ്ദത്തിന് ഈ സ്ഥലത്ത് ആചാര്യസ്വാമികൾ ഒരു ഡെഫനിഷൻ കൊടുക്കണം ഭക്തന്റെ പാപവാസനെ മുഴുവൻ തൻ്റെ കൃപ കൊണ്ട് ഇല്ലാതാക്കണമെന്ന് എന്ന് കൃഷ്ണശബ്ദത്തിന് ഇവിടെ അർത്ഥം കൊടുക്കുകയാണ് അതുകൊണ്ട് ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ എനിക്കിവിടെ മനോനിയന്ത്രണം സാധ്യമാവുള്ളൂ എനിക്ക് വഴി കാണിച്ചതൊരു ഭഗവൻ പ്രമാധി പ്രമഥനശീലം പ്രമഥനാതി ശരീരം ഇന്ദ്രിയണിച്ച് വിക്ഷിപത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നാടിനരമ്പുകളെയും ഒക്കെ ഇളക്കി മറിക്കണത് കൊണ്ട് പ്രമാധി എന്നുപേര് പ്രമാധി ബലവത് ബലമുള്ളതാണ് അത് വലിച്ചു എനിക്ക് വേണ്ടാത്തതും എനിക്ക് അശാന്തി ഉണ്ടാക്കുന്നതുമായ വിഷയങ്ങളിലേക്ക് ബലമായതിനെ വലിച്ചുകൊണ്ടുപോകുന്നു പ്രമാധി ബലവ ദൃഢം അതിനെ ഞാൻ എങ്ങനെ പിടിച്ച് വയ്ക്കും അതിന്റെ നിഗ്രഹം എന്ന് പറയണത് വായുവിനെ പിടിച്ചടക്കണ പോലെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എനിക്ക് വായുവ സുദുഷ്കരം അപ്പൊ ഭഗവാനോ അയ്യ് അങ്ങനെയൊന്നും അല്ല വളരെ വിഷമൊന്നുമില്ല സുലഭാണ് എന്ന് പറഞ്ഞില്ല ഇന്നലെ നമ്മളതൊക്കെ വിസ്തരിച്ച് പറഞ്ഞതാണ് എപ്പോഴും നമ്മളുടെ വിഷമം പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിലൂടെ ഒരു താതാത്മ്യണ്ടാവുകയും എമ്പത്തി ഉണ്ടാവുകയും സിമ്പത്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് പ്രശ്നം പകുതി അതോടെ പോകും ഇവിടെ ഒരു അർജുനന് സമാധാനാവണ വിധത്തിൽ ഭഗവാൻ പറഞ്ഞു അടുത്ത ശ്ലോകം നോക്കാം ശ്രീ ഭഗവാൻ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസനു കൗന്യം വൈരാഗ്യേണ ച ആദ്യം ഭഗവാൻ പറഞ്ഞു മനസ്സ് ദുർനിഗ്രഹമാണെന്ന് ഞാൻ സമ്മതിക്കണം അസംശയം മഹാബാഹ മനസ് നിയന്ത്രണം ചെയ്യാന്നുള്ളത് വിഷമാണ് അതൊരു ഫിസിക്കൽ ഓർഗൺ ആണെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സർജറി ചെയ്തിട്ട് വന്നേക്കാം അതൊരു ഫിസിക്കൽ ഓർഗൺ അല്ല അത് ഇല്ലാത്ത സാധനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റോ അത് ബുദ്ധിമുട്ടിക്കണു ഉള്ളിലിരുന്നിട്ട് പ്രമാധി ബലവദൃഢം അപ്പൊ ഭഗവാൻ പറഞ്ഞു നീ പറഞ്ഞ ശരിയാ അത് ഉള്ള സാധനവുമല്ല ഇല്ലാത്ത സാധനവുമല്ല അതാണ് മായാന്തട അത് സത്താണോ അല്ല അസത്താണോ അല്ല മനസ്സുണ്ടോ ഇല്ല മനസ്സ് ഇല്ലേ ഉണ്ട് അതാണ് നമ്മളുടെ മനഃശാസ്ത്രത്തിനൊക്കെ പറ്റുന്ന അമളി എന്താന്ന് വെച്ചാൽ മനസ്സുണ്ടെന്ന് കരുതിക്കൊണ്ടാണ് മനസ്സിലെ ദൂഷ്യങ്ങളെയൊക്കെ വർണ്ണിക്കുകയും അതൊക്കെ മനുഷ്യനിലുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്ത് അതിനെ നന്നാക്കണം നന്നാക്കണം നന്നാക്കണം പറയണം മനസ്സുണ്ടെന്ന് കരുതിക്കൊണ്ട് അതിനെ നന്നാക്കാൻ പുറപ്പെട്ടാൽ അത് നമ്മൾ ഒഴുങ്ങിക്കളയും എന്നാൽ മനസ്സില്ല എന്ന് പറഞ്ഞ അവജ്ഞയോടുകൂടി ഇരുന്നാൽ അത് ബുദ്ധിമുട്ടിക്കും സത്വമല്ല അസത്വമല്ല അനിർവചനീയമായ ഒരു ശക്തി അത് ഉദിക്കുമ്പോ എല്ലാ ഉദിക്കണം അത് അസ്തമിക്കുമ്പോ അസ്തമിക്കണം മനസ്സിനെ നിയന്ത്രണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഈഗോവും മനസ്സിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു രണ്ടു മരുന്ന് വാങ്ങി കഴിക്കുക എന്നാണ് രണ്ടു മരുന്നാണ് ഭഗവാൻ എഴുതി കൊടുത്തത് ആ മരുന്ന് പതഞ്ജലി മഹർഷിയുടെ പ്രിസ്ക്രിപ്ഷനാണ് കൃഷ്ണൻ യോ ധ്യാന യോഗത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ മരുന്നാണ് എന്താ മരുന്ന് അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ എന്ന് പതഞ്ജലി യോഗസൂത്രം മനസ്സെങ്ങനെ നിരുദ്ധമാവും ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞു അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നിരോധിക്കപ്പെടും എന്താണ് അഭ്യാസം എന്താണ് വൈരാഗ്യം മനസ്സിനെ വീണ്ടും വീണ്ടും ഭഗവത് സ്വരൂപത്തിലോ ജപത്തിലോ ഭക്തിയിലോ ആത്മധ്യാനത്തിലോ നിർത്തി നിർത്തി പരിശീലിപ്പിക്കണത് അഭ്യാസം പുറം വിഷയങ്ങളിൽ മനസ്സിന് ബാഹ്യ വിഷയങ്ങളിൽ രുചിയില്ലാതാക്കുന്ന വിവേകത്തിന്റെ ബലം കൊണ്ട് രുചിയില്ലാതാക്കുന്നത് വൈരാഗ്യം ദൃഷ്ടാദൃഷ്ടവിഷയങ്ങളിൽ വിതൃഷ്ണ എന്നാണ് വൈരാഗ്യത്തിന് ഡെഫനീഷൻ കണ്ടതായ വിഷയങ്ങളോട് ആഗ്രഹം കാണാത്ത വിഷയങ്ങളോടും ആഗ്രഹം ഇതാണ് രാഗം വൈരാഗ്യം എന്ന് പറയുന്നത് വളരെ സുഖകരമായൊരവസ്ഥയാണ് വെറുപ്പല്ലാതെ വൈരാഗ്യന്ന പരം സുഖ്യ ജനകം പശ്യമി പശ്യാത്മനഹം തേത് ശുദ്ധതരാത്മബോധസഹിത साम्राज्य സാമ്രാജ്യം വൈരാഗ്യാന്പരം സുഖസ്യജനകം പശ്യാമി വൈരാഗ്യത്തിനേക്കാളും സുഖകരമായ ഒരു അനുഭവം ഞാൻ കാണണില്ല എന്ന് വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയാം വൈരാഗ്യം ഉണ്ടായാൽ വളരെ പെട്ടെന്ന് മനസ്സ് നിയന്ത്രണത്തിൽ വരും വൈരാഗ്യം എങ്ങനെ ഉണ്ടാവും വിവേകം ഉണ്ടെങ്കിൽ വൈരാഗ്യം വിവേകാണ് ഈ വിവേകമാണ് ഭഗവത് കൃപ ഉണ്ടാവുമ്പോ ഉണ്ടാവണത് ആത്മാവിന്റെ കൃപ കൊണ്ടോ ഉണ്ടാവണ ആദ്യത്തെ വെള്ളികീറൽ വെള്ളികീറൽന്ന് വെച്ചാൽ കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോ ആദ്യം വരുന്ന ഒരു ചെറിയ പ്രകാശം സൂര്യൻ ഉദിക്കാൻ പോണോന്നറിയണ പോലെ നമുക്ക് ആത്മസാക്ഷാത്കാരം ഉദിക്കുന്നതിന്റെ ആദ്യത്തെ വെള്ളികീറലാണ് ഈ വൈര വിവേകം എന്ന് പറയണത് വിവേകം ഉദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് നിത്യമാണ് ഏത് അനിത്യമാണ് എന്നുള്ളത് ആദ്യം തന്നെ തെളിയും തെളിയുമ്പോൾ കുറച്ച് കുറച്ചൊരു ഡിപ്രഷൻ ഉണ്ടാവും സുഖകരമായ ഒരു ഡിപ്രഷൻ എന്നുവച്ചാൽ എന്ത് ജീവിതം ലോകത്തിലെന്ന് തോന്നും എന്തിനായി ആളുകൾ ഇങ്ങനെ ഓടി നടക്കണതെന്ന് തോന്നുന്നു ലോകത്തിലുള്ള ആളുകൾ സുഖം സുഖം എന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ തന്നെ ദുഃഖമാണെന്ന് തോന്നും ഭ്രാന്ത് പിടിച്ച ആളുകൾ ഓടി നടക്കുന്നത് മരുമരീചികക്ക് പുറകെയാണെന്ന് തോന്നുന്നു വൈരാഗ്യ ശതകം എന്ന് പറഞ്ഞ് ഭർതൃഹരി നൂറ് ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട് നൂറ് ശ്ലോകങ്ങളും വൈരാഗ്യം വന്ന ആൾക്ക് എങ്ങനെയൊക്കെ ഭാവങ്ങൾ ഉണ്ടാവും എന്ന് ചിത്രീകരിക്കുക ഏറ്റവും ഭയമില്ലാത്ത അവസ്ഥയാണത്ര വൈരാഗ്യം എന്താന്ന് വെച്ചാൽ ഒന്നിനും ഭയമില്ല പേടിയില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഇയാൾക്ക് ഒന്നിനോടും ജീവിതത്തിനോട് തന്നെ ആസക്തിയില്ല അപ്പൊ സ്വതന്ത്രനാണ് അവൻ ആ സ്വാതന്ത്ര്യം കൊണ്ട് തന്നെ ഇയാള് ധീരനാണ് ഭയമില്ലാത്തവനാണ് ആ ഭയമില്ലാത്ത അവസ്ഥയെ വൈരാഗ്യം എന്ന് പറഞ്ഞ് നൂറ് ശ്ലോകങ്ങളില് സ്തുതിച്ചു വികത തൃഷ്ണ ആ വൈരാഗ്യം വിവേകണ്ടാവുമ്പോ നമുക്ക് ലോകത്തിൽ എവിടെയൊക്കെ ദുഃഖം ഉണ്ട് എന്നൊക്കെ കണ്ട് ആ ദുഃഖിക്കുന്ന വസ്തുക്കളോടുള്ള പറ്റുവിട്ടു പോകുമ്പോഴാണ് വൈരാഗ്യം ഉണ്ടാവണത് മനസ്സ് സഹജമായിട്ട് തന്നെ പുറം വിഷയങ്ങളിൽ രുചിയില്ലാതായിട്ട് തീർന്നു അത് എവിടെ പോയാലും അതിന് ഇതിലൊരു കാര്യമില്ലാന്ന് തോന്നും അരുമരീചിക്ക് വെള്ളമില്ലാതെ ദൂരത്തുനിന്ന് കണ്ട ഓടില്ലല്ലോ വെള്ളം ഉണ്ട് തോന്നണ ആളാണ് ഓടണത് അതുപോലെ വെള്ളമില്ലാന്ന് തോന്നുന്ന ആള് ഓടില്ല ദൂരത്തുനിന്ന് കണ്ടവന് അതില് കാര്യമില്ല ലോകത്തില് മത്സരിക്കാൻ അയാളില്ല ലോകത്തിൽ മത്സരിച്ച് വലിയ ആളാവണതിൽ വലിയ കാര്യം ഉണ്ട് അയാൾക്ക് തോന്നണില്ല ഒഴിവിലൊടുക്കം എന്നൊരു കൃതിയുണ്ട് തമിഴ് അതില് കണ്ണുടയ വള്ളലാറ് എന്ന ജ്ഞാനിയുടെ തമിഴ് പാട്ടുകളാണത് അതിൽ അദ്ദേഹം പറയണു ആളുകൾ ഈ ലോകത്തില് വലിയ ആളാവാനായിട്ട് ഓടി നടക്കണം സ്കൂള് നഴ്സറി ക്ലാസ്സിൽ അഡ്മിഷൻ മുതൽക്ക് കുട്ടികളുടെ മാർക്കിലൊക്കെ അച്ഛനും അമ്മമാർക്കും ഒരു ഗൗരവം കുറച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തന്നെ ഒരു ഗൗരവം വന്നു തുടങ്ങി അച്ഛനും അമ്മയുടെയും സൂക്കോട് കുട്ടിക്ക് പിടിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ അയാൾക്ക് എൻട്രൻസ് ആയി എൻട്രൻസിന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗൗരവം കിട്ടിയ ആള് തലപൊക്കി നടക്കും കിട്ടാത്ത ആള് വിഷമിച്ച് നടക്കും അത് കഴിഞ്ഞ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഒരു ഗൗരവം വേറെ ആ ജോലി കിട്ടാതെ നടക്കുന്ന ആൾക്കൊരു വിഷമം ലോകത്തില് രണ്ട് ആളുകളാണ് ഒന്ന് സക്സസ്ഫുൾ ആയ ആളുകള് ഒന്ന് സക്സസ് അല്ലാത്തവര് ഇത് രണ്ടിനെയും കണ്ടാൽ അദ്ദേഹം എന്താ പറയണതെന്ന് വെച്ചാൽ ഇപ്പൊ ഓണത്തിനൊക്കെ ഒരു മത്സരം നടത്തുന്നുണ്ടല്ലോ നമ്മള് അതുപോലെ ഒരു മത്സരം അത്രേ എന്താ മത്സരം എന്ന് വെച്ചാൽ ഈ ഹോർസ് റൈസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയല്ല നായയുടെ മേലെ കയറിയിട്ട് പന്തയം നടത്താം നായുടെ മേലെ കയറി ഓട്ട പന്തയം അതിൽ ചിലര് നായിയുടെ മേലെ കയറി മത്സരം നടത്തുന്നതിൽ ഫസ്റ്റ് വന്നു അത്രേ ചിലര് പകുതി വഴിയിൽ വീണു പറഞ്ഞിട്ട് പകുതി വഴിയിൽ വീണവന് വല്ല ഗൗരവക്കുറവുണ്ടോ ഫസ്റ്റ് വന്നവന് വല്ല ഗൗരവം ഉണ്ടോ എന്ന് ചോദിച്ചാ നായയുടെ മേലെ ഏറുന്നത് ഗൗരവമാ നായുടെ മേലെ കയറിയിട്ട് നീ ഫസ്റ്റ് വന്നാൽ എന്താ വഴിയിൽ വീണ എന്താ രണ്ടും ഒരുപോലെയാണ് അതുപോലെ ലോകത്തില് ഇത് ദുഃഖാലയം അശാശ്വതം എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇതിന് പേരിട്ടിരിക്കുന്നത് നമ്മളൊക്കെ വീട് കെട്ടിയിട്ട് വേണമെങ്കി വീടിന് സന്തോഷ് നിവാസ് പേരിടാം പക്ഷെ ഭഗവാൻ ഇട്ടിരിക്കുന്ന പേര് ദുഃഖാലയം അശാശ്വതം ഇവിടെ ദുഃഖമുണ്ട് ദുഃഖം നീ എന്തൊക്കെ പറഞ്ഞാലും ദുഃഖാണ് അവിടെ നാടനീള നടന്നാൽ ദുഃഖത്തിന്റെ കഥകൾ പ്രബലമായി കേട്ടുകൊണ്ടേയിരിക്കുകയാണ് അവിടെ അവിടെ മരിച്ചു ഇവിടെ വ്യാധി വന്നു അവിടെ കഷ്ടായി അങ്ങനെയുള്ള ഈ സ്ഥലത്ത് അതിൽ വലിയ ആളായൊന്നും ഞാൻ വലിയ ഓഫീസറാണെന്നും ഞാൻ രാവും പകലും പണിയെടുക്കുന്നു ഞാൻ ധാരാളം പണം സമ്പാദിക്കുന്നു ഒരു വശത്ത് വേറെ ഒരാളെ എനിക്ക് ജോലി കിട്ടിയില്ല എനിക്ക് കല്യാണം കഴിഞ്ഞില്ല എനിക്ക് കുട്ടികൾ ഉണ്ടായില്ലെന്നും ഒരു വശത്ത് രണ്ടുപേരെ അദ്ദേഹം ഒരേ കാറ്റഗറിയിലാണ് പെടുത്തുന്നത് രണ്ടുപേരും ഈ ദുഃഖാലയത്തില് ലാസ്റ്റ് ബെഞ്ചിലോ ഫസ്റ്റ് ബെഞ്ചിലോ ഒരിക്കലാണ് ഒന്നാം ക്ലാസ്സിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്നാൽ ലാസ്റ്റ് ബെഞ്ചിലിരുന്നാലും അയാൾ ഒന്നാം ക്ലാസിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ അതുപോലെ ഇവിടെ എവിടെയിരുന്നാലും കണക്ക് തന്നെ ഇത് അറിഞ്ഞവൻ വിരക്തനാണ് അവൻ ഇവിടെ കാര്യമായിട്ടൊന്നും നേടിയെടുക്കാനൊന്നുമില്ല അയാളുടെ മനസ്സ് വിരക്തമാണ് വിരക്തമായാൽ തന്നെ മനസ്സ് പകുതി നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി മനസ്സിന് പുറത്തെവിടെ ഓടി ആസ്പദമില്ല സ്ഥാനങ്ങളില്ല അലഞ്ഞു നടക്കാൻ കൊതിയില്ല ഒന്നും നേടിയെടുക്കണമെന്നുള്ള ദാഹമില്ലാത്തിന് ഇനിയിപ്പെന്താ അഭ്യാസം അഭ്യസിക്കാന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ചെയ്യണതിന് പേരാണ് അഭ്യാസം അല്ലാതെ ഒരിക്കൽ ചെയ്തിട്ട് വിട്ട അഭ്യാസം ആവില്ല വീണ്ടും വീണ്ടും ചെയ്യണത് അഭ്യാസം വീണ്ടും വീണ്ടും എന്താ ചെയ്യണത് മനസ്സിനെ ഭക്തി സാധനയിൽ അല്ലെങ്കിൽ ജ്ഞാനസാധനയിൽ ഇരുത്തിയിരുത്തിയിരുത്തി അഭ്യസിപ്പിക്കണം എന്തിനു അഭ്യസിക്കണം മനസ്സ് അഭ്യാസത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് എത്രയോ കാലം ും അഭ്യസിച്ചതിന്റെ കുറെ ഒരു ഓട്ടോമാറ്റിക് ഇഫക്റ്റിനെയാണ് നമ്മൾ മൈൻഡ് എന്ന് വിളിക്കണത് രാവിലെ എണീറ്റ് കുട്ടി ആരും ജനിച്ചപ്പോ തന്നെ കാപ്പിയും കൊണ്ടുവരുന്നുണ്ടോ ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ ഒരു ബോട്ടില് കാപ്പിയും പിടിച്ചോണ്ട് വരണില്ല അല്ലെ ഒരു കുട്ടിയും ജനിച്ച കുട്ടി കാപ്പി ചോദിക്കണില്ല കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മൾ കാപ്പി കൊടുത്തു പിന്നെ നാളെയും കൊടുത്തു മറ്റന്നാളെയും കൊടുത്തു അടുത്ത ദിവസവും കൊടുത്തു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ സമയം ആവുമ്പോൾ കാപ്പിന്ന് പറഞ്ഞു എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അതുപോലെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെറുപ്പം മുതൽക്കോ പൂർവജന്മവാസന കൊണ്ടോ അഭ്യസിച്ചു വെച്ച കാര്യങ്ങളെയാണ് നമ്മൾക്ക് ചുറ്റും ഇപ്പോ നമ്മളുടെ ശാന്തിക്കും ആത്മജ്ഞാനത്തിനും തടസ്സമായിട്ട് കാണുന്നത് അപ്പൊ എന്താ ഇപ്പൊരു റിവേഴ്സ് പ്രോസസ്സിനെയാണ് നമ്മൾ അഭ്യാസം എന്ന് അങ്ങട് പോയി ഈ പഴകി കഴിഞ്ഞു ഇനിയിപ്പൊ ഇങ്ങട് വന്ന് പഴകണം ആ റിവേഴ്സ് ആണ് പശു അഴിച്ചുവിട്ട അടുത്ത അടുത്ത വീട്ടിലെ തൊടിയിലൊക്കെ പോകും അപ്പൊ എന്തെയ്യും കെട്ടിയിടും കെട്ടിയിട്ട് കെട്ടിയിട്ടാലും അത് നിക്കില്ല അഴിച്ചുവിട്ട പിന്നെയും പോവും അപ്പൊ കെട്ടിയിട്ട് അത് കെട്ടിയിട്ടിരിക്കുന്ന തൊഴുത്ത് തന്നെ അതിന് പുല്ലും വൈക്കോലും തിന്നാൻ കൊടുത്താൽ പിന്നെ അഴിച്ചുവിട്ടാലും പോയില്ല അതിന് ഇവിടെ തന്നെ കിട്ടണല്ലോ പിന്നെന്താ അതുപോലെ മനസ്സ് ഹൃദയത്തിൽ തന്നെ ഇരുന്ന് സുഖമനുഭവിക്കാനും ഭഗവത് ധ്യാനം ചെയ്യാനും ആത്മവിചാരം ചെയ്യാൻ അഭ്യസിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ചഞ്ചലമാവില്ല പിന്നെ ആ മനസ്സ് പുറമേക്ക് പോവില്ല വിടാതെ അഭ്യസിക്കണം അതിനാണ് ധ്യാനയോഗം പേര് അതിനാണ് ഭഗവാൻ പറഞ്ഞ് ശുചിയായൂരിടത്തിരിക്ക ആസനത്തിലിരിക്കുക എന്നിട്ട് ആ മനസ്സിനെ യോഗത്തിലിരുത്തി ശീലിക്കുക എന്നും പറഞ്ഞു മനസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ചിത്തവൃത്തികളാണ് വിചാരങ്ങളാണ് നല്ല വൃത്തി ചീത്ത എന്നൊന്നും തിരിക്കേണ്ട ആവശ്യമില്ല അല്ല ചിത്തവൃത്തികളാണ് ഈ ചിത്തവൃത്തികളൊക്കെ ഉദിക്കുമ്പോ ധാരാളം വിചാരങ്ങൾ നമുക്ക് ഉള്ളിൽ ഊർജം ധാരാളം ക്ഷഹിക്കും ആ മനസ്സിന്റെ പിറപ്പിടത്തിൽ തന്നെ മനസ്സിരിക്കും തോറും ഊർജസ്വലമായിട്ട് തീരും അപ്പൊ അഭ്യാസം കൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മനസ്സിനെ തന്നിൽ തന്നെ ഇരുത്തി ശീലിക്കാണ് ഈ വിചാരങ്ങൾക്കൊക്കെ പിറപ്പിടം മൂലമായ വിചാരം ഈ ജീവാഹന്തയാണ് ജീവൻ കൽപ്പയത്തെ പൂർവം ഞാൻ ഇന്നവൻ ഞാൻ ആ വൃത്തിയുടെ സ്പന്ദനത്തിനെ ശ്രദ്ധിക്കലാണ് ആത്മാഭ്യാസം എന്ന് പറയുന്നത് അനേക വിചാരങ്ങൾ വരുമ്പോ വളരെ ജാഗ്രതയായിട്ട് ശ്രദ്ധിച്ചാൽ കാണാം എല്ലാ വിചാരങ്ങൾക്ക് പുറകിലും ഞാൻ എന്നുള്ളൊരു ചിത്തവൃത്തിയുണ്ട് ഞാൻ എന്നുള്ള ഒരു ഇല്ലാതെ മറ്റൊരു വിചാരം ഉണ്ടാവാൻ പറ്റില്ല ഞാൻ എന്നുള്ളത് ഇല്ലാതെന്ന് ചിന്തിച്ചു നോക്കൂ സാധിക്കില്ല ചിന്തിക്കുന്ന ആള് അതിന് പുറകിലുണ്ട് എന്ത് വിചാരം വരുമ്പോഴും ഇതൊക്കെ ആർക്ക് വരണോ എനിക്ക് എന്നോട് സംബന്ധപ്പെടാതെ പ്രബലമായിട്ട് ഒരു വിചാരവും വരില്ല ഒരു വിചാരം വരുമ്പോ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അതിൽ സെൻറ്റർ ഞാനാണോ എനിക്കാണത് വരുന്നത് അല്ലെങ്കിൽ ഏതോ വിധത്തിൽ എനിക്ക് എന്നെ ബാധിക്കുന്നു എന്നെ ബാധിക്കാത്ത വിചാരമാണെങ്കിൽ ആകാശത്തിൽ വെള്ളമില്ലാത്ത മേഘം പോണ പോലെ ആ വിചാരം ഇങ്ങനെ വന്നിട്ട് പോകും ചിലപ്പോ വെളുത്ത മേഘങ്ങള് അതില് ജല ജലം അധികം ഇല്ലാത്ത അങ്ങനെ ആകാശത്തിൽ വന്ന് പോകുന്ന പോലെ പഞ്ഞിക്കെട്ട് പോലെ വന്നിട്ട് പോകും അതുപോലെ എന്നോട് സംബന്ധപ്പെടാത്ത വിചാരങ്ങള് ചിലപ്പോ നമ്മള് ബോർഡ് വായിച്ചു വരണ വഴിയില് സംബന്ധമൊന്നും അല്ല ഒരു ബസിന്റെ ബോർഡ് വായിച്ചു പല ബോർഡ് ഇങ്ങനെ നോക്കി കുമ്പളങ്ങ എന്നൊക്കെ വായിച്ചു കൊറച്ചുനേരം വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തത് ബസ്സിൽ കച്ചവടമാണോ അല്ല സ്ഥലത്തിന്റെ പേരാണോന്നൊക്കെ പിന്നെയാണ് ആലോചിക്കണം എന്തൊക്കെ വെറുതെ ഇങ്ങനെ വിചാരിച്ചിട്ട് പോയി അപ്പോഴൊന്നും ആ പ്രബല പാലക്കാട് ഒരു ബസ് കണ്ടോ ഉടനെ വിചാരം തിരി പൊന്തി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോണം എന്തെങ്കിലും എന്നോട് സംബന്ധപ്പെട്ടതാവുമ്പോ ആ വിചാരത്തിൽ ചെറിയ ഒരു ഒരു ടിണ്ടാവും ഞാൻ ഇപ്പൊ പ്രഭാഷണം തന്നെ നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുമ്പോ നിങ്ങളോട് സംബന്ധപ്പെടാത്ത വിഷയമാണെങ്കിൽ അങ്ങനെ പോകും എന്തെങ്കിലും നിങ്ങൾക്ക് സംബന്ധപ്പെടുന്ന വിഷയമാണെങ്കിൽ സത്സംഗത്തിൽ നല്ല രസാദർ എന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ എന്തെങ്കിലും കുടുംബകാര്യങ്ങള് പ്രശ്നങ്ങള് എന്തെങ്കിലുമൊക്കെ ഉള്ള ഭാവം ആറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അപ്പൊ ജീവിതത്തിൽ നടന്നായിരിക്കും ഇങ്ങനെ അങ്ങോട്ട് നോക്കും ബാക്കിൽ എന്താണെന്ന് വെച്ചാൽ ഒന്നും ഭർത്താവ് പുറകേ ഉണ്ടാവും അല്ലെങ്കിൽ ഭാര്യ പുറകെ ഞാൻ പറഞ്ഞില്ലേ എന്നാണ് അർത്ഥം ഞാൻ പറഞ്ഞില്ലേ എന്നാണ് എന്തു പറ്റി ഇപ്പോ ആ ഒരു വാർത്ത മാത്രം ഞാനിൽ സ്പർശിച്ചു എന്റെ കാര്യം അല്ലേ ഞാൻ ഒരു എന്തോ ഫീലിംഗ് അതിന്റെ ഒരു സജഷൻ പുറത്തുനിന്ന് വരികയാണ് അതുമാത്രമേ നമ്മളെ ബാധിക്കുകയുള്ളൂ അപ്പോ എല്ലാ വിചാരങ്ങൾക്കും മൂലമായി ഞാൻ എന്നുള്ള വിചാരം ഉദിച്ചാൽ ബാക്കി എല്ലാ വിചാരവും ഉദിക്കും അത് അടങ്ങിയാൽ എല്ലാം അടങ്ങും ഞാൻ എന്നുള്ളത് ഇല്ലെങ്കിൽ നീ അവനൊന്നുമില്ല മനസ്സ് തന്നെ ഇല്ല മനസ്സെന്ന് പറഞ്ഞത് തന്നെ അഹങ്കാ അഹം വൃത്തിയാണ് ഐ തോട്ട് വിത്തൌട്ട് ഐ തോട്ട് ദർ ഇസ് നോ മൈൻഡ് ീ മു നൂല് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കണതാണ് അതുപോലെ മനസ്സ് അഹംകൃതി കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ് എൻ്റർ എൻ്റെ മൈൻഡ് ഇന്റർവോവൺ വിത്ത് ഐ തോട്ട് അത് മറ്റുള്ള വിചാരങ്ങൾ പോലെയല്ല ഈ അഹംകൃതി എന്ന് പറയണത് മറ്റുള്ള ചിത്തവൃത്തികൾ പോലെയുള്ള വൃത്തിയല്ല മറ്റുള്ള ചിത്തവൃത്തികളൊക്കെ തന്നെ അഹങ്കാരത്തിൻ്റെ റിഫ്ലക്ഷൻസ് മാത്രമാണ് അഥവാ അതിൽ നിന്നും പുറപ്പെടുന്ന കുറേ ഒരു സ്പന്ദനങ്ങൾ അതുകൊണ്ടാണ് അഹങ്കാരം പോയാൽ എല്ലാ ദുഃഖവും അസ്തമിച്ചു എന്ന് പറയാൻ കാരണം എന്താ മനസ്സടങ്ങും മനസ്സടങ്ങിയാൽ ദുഃഖം പോയി അഹങ്കാരം പോയാൽ ദുഃഖം അസ്തമിച്ചു എന്ന് പറയാൻ കാരണം വേറെ അഹങ്കാരമാണ് മനസ്സ് അപ്പോൾ നമ്മൾ ഏത് മാർഗത്തിൽ ചെല്ലുന്ന ആളാണെങ്കിലും ഈ അഹംവൃത്തി അഹംകൃതിയെ അങ്ങോട്ട് നീക്കാമെങ്കിൽ മനസ്സ് പോയി മനസ് പോയാൽ ശാന്തിയായി ശാന്തി തന്നെ ഭഗവത് സ്വരൂപം ശാന്തി തന്നെ ആത്മസ്വരൂപം ശാന്തി തന്നെ മുക്തി ശാന്തോയമാത്മാ ആത്മാവിൻ്റെ സ്വരൂപം തന്നെ ശാന്തിയാണ് അപ്പം ഈ അഹംവൃത്തിയെ കോൺഷ്യസായിട്ട് ബോധപൂർവം അതിനെ ഹൃദയസ്ഥാനത്തിൽ അടക്കി കളയുന്നതിന് പേരാണ് അഭ്യാസ യോഗം ഉള്ളതിനെ പ്രധാന ശ്ലോകം ഇനി വരാൻ പോലെ ഉള്ളൂ നാം ഉദിയാതുള്ള നില നാം അതുവായുള്ള നില ഞാൻ എന്നുള്ളത് അല്പം പോലും ഉദിക്കാത്ത സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് ആണ് നമ്മൾ അത് അതെന്നുവെച്ചാൽ പൂർണമായ സ്വരൂപം ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റ് അതെങ്ങനെ നേടും ിക്കും സ്ഥാനമതാടിയാർവതവൻ ഈ ഞാൻ എന്നുള്ളത് എവിടെ ഉദിക്കണു എന്ന് അന്വേഷിച്ചറിയാതെ ആ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റില്ല ഏതൊക്കെ മാർഗം എന്തൊക്കെ സാധനകൾ ചെയ്താലും അവസാനം ചുറ്റി ചുറ്റി ഇവിടേക്ക് വരും നമ്മൾക്ക് നമ്മളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ അപ്പൊ എങ്ങനെയൊക്കെ ചുറ്റിക്കഴിഞ്ഞാലും അവസാനം ഈ അഹം എന്നുള്ള പ്രതീതിയിലേക്ക് വരണ്ടി നമ്മുടെ മഹർഷിയുടെ അടുത്ത് ഒരു ഭക്തൻ ചോദിച്ചു വൈകുണ്ഠത്തിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും വൈകുണ്ഠത്തിൽ പോയാൽ ഭഗവാൻ അങ്ങനെ ആദിശേഷങ്ങളിൽ കിടക്കണ്ടാവും ധാരാളം ഭക്തന്മാരൊക്കെ ഉണ്ടാവും ദിവ്യലോകമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇയാള് പിന്നെ ചോദിച്ചു അങ്ങനെ പോയാൽ നമ്മളുടെ അടുത്ത് ഭഗവാൻ സംസാരിക്കുമോ ഭഗവാൻ എൻ്റെ അടുത്ത് പ്രിയം വന്നാൽ സംസാരിക്കും ഭഗവാന് നമ്മളടുത്ത് പ്രിയം വന്നാൽ ഭഗവാൻ നമ്മളുടെ അടുത്ത് എന്ത് പറയും ചോദിച്ചു മഹർഷി പറഞ്ഞു നീ ഞാൻ ആരെയെന്ന് വിചാരം ചെയ്ത് നോക്കൂ എന്നും പറയുന്നു ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരോടൊക്കെ അവസാനം പറഞ്ഞത് അതാണെന്ന് അർജുനന്റെ അടുത്ത് ഭഗവാൻ അതാണോ പറഞ്ഞത് ഗോപികകളുടെ അടുത്ത് ഭഗവാൻ അതാണ് പറഞ്ഞത് ഉദ്ധവരുടെ അടുത്ത് ഭഗവാൻ അതാണ് പറഞ്ഞത് തനിക്ക് ആരാരിഷ്ടപ്പെട്ടവരോ അവരുടെ അടുത്തൊക്കെ അവസാനം ഈ ആത്മവിചാര മാർഗത്തിനെ തുറന്നുകൊടുക്കാണ് പ്രഹ്ലാദൻ ചോദിച്ചു ഭഗവാൻ്റെ അടുത്ത് എനിക്ക് അനുഗ്രഹം തരൂ എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു പൂർണ്ണ ബ്രഹ്മാനുഭവം ബ്രഹ്മവിശ്രാന്തി ഉണ്ടാവണവരെ ആത്മവിചാരം ചെയ്യാനുള്ള അനുഗ്രഹം നിനക്ക് തരണമെന്നാണ് ബ്രഹ്മവിശ്രാന്തി പര്യന്താ വിചാരോസ്തു അപ്പോ മനസ്സിൽ ഓരോ വിചാരങ്ങൾ വരുമ്പോഴും വിഷമങ്ങൾ വരുമ്പോഴും ഇമോഷൻസ് വരുമ്പോഴും ആർക്ക് വരണോ എനിക്ക് വരണം ഞാൻ ആരും ഞാൻ ആരോ ചോദിക്കേണ്ട താമസം ഈ ഞാൻ എന്നുള്ള ഹൃദയത്തിൽ അടങ്ങും മനസ്സടങ്ങും ചെയ്തു നോക്കുക അദ്ഭുതമായിട്ട് ഈ ടെക്നിക്ക് പ്രവർത്തിക്കുന്നത് കാണാം എങ്ങനെയാണെന്നൊന്നും സംശയിച്ചിട്ട് കാര്യമില്ല ചെയ്തു നോക്കിച്ചിരുന്ന് ആദ്യം ഒരു മന്ത്രം പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ ഞാൻ ആര് ഞാനാർ എന്തെങ്കിലും നാമം ജപിക്കുകയാണെങ്കിൽ ജപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ ഇടയിൽ ഒന്ന് നിർത്തിയിട്ട് ഈ ജപിക്കണ ആളാര അല്ലെങ്കിൽ ജപത്തിന്റെ ഇടയിൽ പ്രബലമായ എന്തെങ്കിലുമൊക്കെ വിചാരം വരികയാണെങ്കിൽ ഈ വിചാരം ആർക്ക് വരണോ എനിക്ക് വരും ഞാൻ ആരാണ് ഞാൻ എന്താണ് ആരാണ് ഇതിനകത്തുളളത് ആർക്കാ ഇത് ആർക്കായി കോപം വരുന്നത് ആർക്കായി വിഷമം ആർക്കായി ചാഞ്ചല്യം ഈ ആരാ ഞാൻ ചോദ്യം ചോദിക്കേണ്ട ക്ഷണത്തിൽ തന്നെ ഈ ഈ ചോദ്യത്തിനെ മാത്രം മനസ്സിന് പേടിയാണ് എന്താന്ന് വെച്ചാൽ മനസ്സിന്റെ വേരിനെയാണ് നമ്മൾ പിടിക്കണത് നമ്മൾക്കിഷ്ടം പുറമേക്കുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അതൊന്നും നമ്മളെ ബാധിക്കുകയില്ല ആപ്പിൾ ചുവട്ടില് വീണത് ഭൂമി ഉരുണ്ടതാണോ വരുന്നതാണോ അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടും പക്ഷെ അതുപോലെ ഒരു ചോദ്യമല്ല ഈ ചോദ്യം അതൊക്കെ സയന്റിഫിക് ക്വസ്റ്റ്യൻസ് ആണ് ദിസ് ഈസ് ട്രൂലി റിലീജിയസ് ക്വസ്റ്റ്യൻ സ്പിരിച്വൽ ക്വസ്റ്റ്യൻ എന്താ രണ്ടിനും വ്യത്യാസം എന്ന് വെച്ചാൽ സയന്റിഫിക് ക്വസ്റ്റ്യനില് ലോകമാണ് മുഖ്യം ആൻസറാണ് മുഖ്യം ഒബ്ജക്റ്റാണ് മുഖ്യം ഈ ചോദ്യത്തിൽ ഉത്തരമേ മുഖ്യമല്ല ഈ ചോദ്യത്തിൽ ലോകം മുഖ്യമല്ല അനുഭവമാണ് മുഖ്യം ഞാനൊരു വസ്തു തെരയുമ്പോ കണ്ണാടി എവിടെയെന്ന് അന്വേഷിക്കുമ്പോ കണ്ണാടി കിട്ടലാണ് മുഖ്യം നമുക്ക് അതുപോലെ ഈ ഞാൻ എന്താണെന്ന് അന്വേഷിക്കുമ്പോ ആഴ്ന്നു മുങ്ങി തെരയാണ് ഉള്ളില് ഒരു കെനറ്റില് നഷ്ടപ്പെട്ടു പോയ വസ്തു അന്വേഷിക്കണ പോലെ ശ്വാസമടക്കി പിടിച്ച് അന്വേഷിക്കണ പോലെ അഹങ്കാരത്തിന്റെ ചലനത്തിന് മൂവ്മെന്റിന് നമുക്ക് ക്ലീൻ ആയിട്ട് കാണാം അത് ശരിക്കും ഒരു എന്താ ഒരു മത്സ്യം വെള്ളത്തില് ഒഴുകി നടക്കണ പോലെ നമ്മളുടെ ഉള്ളിൽ ഒഴുകി നടക്കണത് കാണാം ശക്തിയുടെ സ്രോതസ്സാണത് ഒരു മത്സ്യം വെള്ളത്തിനുള്ളിൽ ഇങ്ങനെ ഒഴുകി നടക്കണ പോലെ ഈ അഹങ്കൃതി അഹം വൃത്തി സകല പ്രശ്നത്തിനു മൂലമായി നമ്മളുടെ ഉള്ളിൽ അതിന്റെ മൂവ്മെന്റിനെ നമുക്ക് കാണാം ആ മൂവ്മെന്റിനെ കാണുന്നതാണ് ധ്യാനം നമുക്ക് ദേഷ്യം വരണു അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ടെൻഷൻ വരണു ഡിപ്രഷൻ വരണു വിട്ടുനിന്ന് നമ്മളെ നോക്കിക്കൊണ്ടേ ഇരിക്കണു ആ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് കാണാം എന്റെ പ്രശ്നം എൻറെ വിഷമം എൻറെ ദുഃഖം എനിക്ക് ഇതിനെന്താ പരിഹാരം ഞാൻ എന്ത് ചെയ്യും ഇതിനെങ്ങനെ പരിഹരിക്കും എൻറെ ദുഃഖം ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നുള്ള ഒരു സ്പന്ദനം അതിൻ്റെ അർത്ഥത്തിനൊന്നും പോകാതെ അതിനെ എക്സ്പ്രസ് ചെയ്യാതെ അതിനെ അടക്കിക്കളയാതെ വെറുതെ ശ്രദ്ധിക്കാം വിട്ടു നിന്ന് ഈ അഹം വൃത്തിയെ ഈ ഞാൻ എന്നുള്ള ചിത്തവൃത്തിയെ വിട്ടു നിന്ന് ശ്രദ്ധിച്ചാൽ ആ ചിത്തവൃത്തി ശ്രദ്ധിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അത് എവിടെ ഉദിക്കണമെന്ന് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ എന്താണ് പിടിച്ചാൽ ഞാൻ എന്നുള്ളതിനെ പിടിച്ചാൽ ഈ ഞാൻ എന്നുള്ളത് മറ്റൊരു ഞാൻ അവിടെ പ്രകാശിക്കും അത് അഹംകൃതിയല്ല അതിൻ്റെ അത് ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഓഫ് മൈൻഡ് ഈ അഹംവൃത്തി എന്ന് പറയുന്നത് ദിസ് മെയ്ഡ് ഓഫ് മൈൻഡ് തോട്ട്സ് ഈ അഹംവൃത്തി ലയിക്കുമ്പോ മറ്റൊന്ന് പ്രകാശിക്കുന്നുണ്ടല്ലോ അത് ദേശകാലങ്ങൾക്ക് അത് മനസ്സല്ല അതാണ് ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമുത്തെ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു അത് സ്വയം പ്രകാശമാണ് അത് വന്നു പോകണതല്ല അതിൽ ചലനമൊന്നുമില്ല ഈ അഹങ്കൃതിയിൽ ചലനുണ്ട് അതൊരു കറണ്ടാണ് അഹങ്കൃതി മറ്റേത് ഒരു ചലനമില്ല അതൊരു സ്രോതസ്സല്ല അത് അധിഷ്ഠാനമാണ് എപ്പോഴും ഇരിക്കുന്ന സത്തയാണ് ജ്ഞാനമാണ് ചിതാകാശമാണ് അത് ഒരു ക്ഷണ പ്രകാശിച്ചാൽ പിന്നെയും മനസ്സ് പൊന്തും അപ്പൊ എന്താ പിന്നെയും മനസ്സിന്റെ പുറകെ പോയി ഈ വിചാരങ്ങൾ ആർക്ക് വരണു എനിക്ക് വരണം ഈ വിചാരങ്ങൾ ആര് എന്താണ് ഞാൻ ആരാണ് വീണ്ടും ഞാനിലേക്ക് പോയി സകല പ്രശ്നങ്ങളെയും ഞാനിൽ കൊണ്ടുവന്ന് നിർത്താം എന്നിട്ട് ഞാനിനെ ഹൃദയത്തിലടക്കാം ഇതിനാണ് ന്യാസം എന്ന് പറയുന്നത് ഇത് സമ്യക്കായിട്ട് അവൻ ചെയ്യണോ അവനാണ് സന്യാസി സമ്യക്യാസം ചെയ്യുന്നവൻ സന്യാസി പ്രപഞ്ചത്തിലെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന തൻ്റെ പ്രാരബ്ധ വിഷയങ്ങളെ മുഴുവൻ അഹങ്കൃതിയിലും അഹങ്കൃതിയെ ഹൃദയത്തിലും യാതൊരുവൻ അടക്കം ചെയ്യുന്നുവോ അവനാണ് സമ്യക്യാസം ചെയ്യുന്നവൻ സന്യാസി അഗ്നിമേ വാചി വാഗ് ഹൃദയേ ഹൃദയം മയീം അഹമൃതേ അമൃതം ബ്രഹ്മണി എന്ന് ന്യാസത്തിന് വേദം അതിന്റെ പ്രക്രിയ പറയണം നമ്മൾക്ക് ഇതാണ് കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോ പ്രശ്നം പുറത്ത് നിൽക്കണമെങ്കിൽ നമ്മളെ പരിഹരിക്കാനേ പറ്റില്ല എന്തോ പ്രശ്നം നടന്നു കുടുംബത്തിൽ ആ പ്രശ്നം ഇപ്പൊ മറ്റുള്ളവർ പറഞ്ഞാൽ കേൾക്കണില്ല മകൻ പറഞ്ഞാൽ കേൾക്കണില്ല ഭർത്താവ് പറഞ്ഞാൽ കേൾക്കണില്ല ഭാര്യ പറഞ്ഞാൽ കേൾക്കണില്ല അല്ലെങ്കിൽ അമ്മ വയസ്സായി പറഞ്ഞാൽ കേൾക്കണില്ല അച്ഛൻ വയസ്സായി പറഞ്ഞാൽ കേൾക്കണില്ല അല്ലെങ്കിൽ വേറെ എന്തോ പ്രോബ്ലം ഉണ്ട് കുടുംബത്തിൽ തീർക്കാൻ പറ്റണില്ല ഇപ്പൊ ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് സാധാരണ ആളുകൾ എന്തു ചെയ്യും പരിഹരിക്കാൻ ശ്രമിക്കും പരിഹരിക്കാൻ ശ്രമിക്കണതിൽ ഇവരെയൊക്കെ കുറ്റം പറയും ശണ്ട ഉണ്ടാക്കും ഇതൊക്കെയാണ് ലൗകികമായ പരിഹാര ഒരാൾ യോഗിയാണെങ്കിൽ അയാളെന്ത് ചെയ്യും മറ്റുള്ളവരൊന്നും എൻ്റെ കയ്യിലില്ല ഭാര്യയോ അച്ഛനോ അമ്മയോ ഭർത്താവോ അവരൊക്കെ സ്വതന്ത്രന്മാരാണ് അവർ ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞാൽ അവർക്ക് അവരുടെ ഇഷ്ടമുണ്ട് അവരെയൊക്കെ നമ്മളുടെ വരുതിയിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വിഷമാണ് അപ്പം എനിക്ക് എൻ്റെ കയ്യിലുള്ളത് എൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഞാനാണ് ഈ പ്രശ്നത്തെ ആത്മനിഷ്ഠമായി പരിഹരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നവരാണ് യോഗി ഐ എം നോട്ട് ട്രയിങ് ടു സോൾവ് ദ പ്രോബ്ലം എക്സ്റ്റേണലി ഐ എം ട്രൈങ് ടു ഡിസോൾവ് ദ പ്രോബ്ലം ഇൻറ്റേണലി പ്രോബ്ലം വെളിയിൽ സോൾവ് ആവുമോ ആവില്ലയോ എന്നുള്ളത് പ്രാരബം കാരണമാണ് അത് പലപ്പോഴും നമ്മള് പ്രശ്നം പരിഹരിക്കാൻ പോയിട്ട് ഒരു നൂറു പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് ലോകത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണവരൊക്കെ ചെയ്യണത് മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കലേ തൊഴിലായിട്ടുള്ളവരുണ്ടല്ലോ ഇപ്പൊ അല്ലെ കൗൺസിലിംഗ് അങ്ങനെ അങ്ങനെയൊക്കെ പ്രശ്ന അവര് അവരുടെ പ്രശ്നം തീർക്കാനാണ് ഇരിക്കണതേ അവർക്ക് തന്നെ പ്രശ്നം തീർന്നിട്ടില്ലല്ലോ വളരെ കുറച്ച് പേര് മാത്രം സ്വയമേവ അതിന്ന് വെളിയിൽ വന്ന ആളുകൾ ചെയ്യുന്നവരുണ്ടാവും എക്സെപ്ഷൻസ് അപ്പോ പ്രശ്നം പരിഹരിക്കാൻ പുറപ്പെടുമ്പോ ആദ്യം ചോദിക്ക എന്റെ പ്രശ്നം എന്നിൽ തന്നെ പരിഹരിക്കാൻ പറ്റുമോ മറ്റുള്ളവരെ അത് കണ്ടിട്ട് പഠിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ ഇല്ലെങ്കിൽ വേണ്ട മറ്റുള്ളവരോടൊക്കെ പറയാം സാധാരണ തന്നെ ഒരു ചൊല്ലുണ്ട് ചൊല്ലിക്കൊട് തല്ലിക്കൊട് തല്ലിക്കൊടുക്കണ കുട്ടികളെയൊക്കെയാണ് തല്ലിക്കൊട് പിന്നെ തള്ളിക്കള എന്നാണ് ഈ തള്ളിക്കളയാണെന്ന് അറിയുന്ന ആൾക്ക് മാത്രമേ സമാധാനമായിട്ടിരിക്കാൻ പറ്റുള്ളൂ പലതും ലോകത്തിൽ ഓഹ് നമ്മളെ കൊണ്ടാവില്ല ആയിക്കോട്ടെ ഇനി എന്താ വേണ്ടേ എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്നെ ബാധിക്കാതാവണം അതിനെന്താ വഴി ഈ പ്രശ്നമൊക്കെ ആർക്കാ എനിക്ക് ഞാൻ ആരാണ് ഈ പ്രശ്നത്തിന് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഈ അഹംകൃതിയെ ഞാൻ മൂലത്തിൽ അടക്കിക്കളയാണ് എന്റെ പ്രശ്നം എന്റെ ദുഃഖം ഞാൻ ഞാൻ ഞാൻ ഈ ഞാൻ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോ ഈ അഹങ്കാരം മറയുകയും ശുദ്ധമായ ചൈതന്യം അവിടെ പ്രകാശിക്കുകയും ചെയ്യും പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം അസ്തമിച്ചു അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ വരുന്ന വിചാരങ്ങൾ വികാരങ്ങളെ ഞാൻ പ്രാമുഖ്യം കൊടുക്കണില്ല വെളിയിലുള്ള പ്രശ്നം പോലെ തന്നെ എന്റെ ഉള്ളിലുള്ള മനസ്സിൽ തോന്നുന്ന വിചാരങ്ങളെയും ഞാൻ തള്ളിക്കളയാണ് അത് വേറെ ഒരു വഴി പുറത്ത് പ്രശ്നമുണ്ട് ഓഹ് മനസ്സിൽ പലതണ്ട് ഇരുന്നിട്ട് പോട്ടെ ഒരു ആള് കുടുംബം വലിയ കുടുംബാണ് വലിയ പ്രശ്നമാണ് പരസ്പരം തല്ലുകൂടും അദ്ദേഹം വളരെ ശാന്തായിട്ടിരിക്കും അദ്ദേഹത്തിന് ശാന്തി കണ്ടിട്ട് ഒരു സന്യാസി അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾക്ക് ദേഷ്യമേ വരില്ലേന്ന് ചോദിച്ചു അദ്ദേഹം ദേഷ്യം വരാതിരിക്കുവോ സ്വാമി നല്ലവണ്ണം ദേഷ്യം വരും പക്ഷെ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാണണില്ലല്ലോ ദേഷ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാ നല്ലവണ്ണം ദേഷ്യം വരുമ്പോ ഞാൻ പോയി നല്ലവണ്ണം തുണി അലക്കും അപ്പൊ തുണി നല്ലവണ്ണം വെളുത്തു കിട്ടും ദേഷ്യപ്പെട്ടിട്ട് കാര്യൊന്നുമില്ല ഇപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട് ഇവരൊന്നും വില വെക്കാൻ പോണില്ലേ ഞാനിതിന് വെറുതെ ദേഷ്യപ്പെട്ടിട്ട് മനസ്സിനെ ചഞ്ചല ആക്കണം എന്ന് വിചാരിച്ച് ആ സമയത്ത് പോയി തുണി അലക്കും അതിനങ്ങവിടുന്നതാണ് ദേഷ്യപ്പെട്ടിട്ട് ഇപ്പൊ കാര്യമൊന്നുമില്ല മനസ്സിലായി പ്രശ്നത്തിനെ തന്നിൽ തന്നെ പരിഹരിക്കുകയാണ് അങ്ങനെയുള്ള ആളാണ് യോഗിയും അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് അഭ്യാസം എന്താ മനസ്സിനെ ശാന്തമായി ഇരുത്തി ഇരുത്തിയിരുത്തി പഴക്കാണ് എപ്പോഴെപ്പോ അശാന്ത അശാന്തമാവണോ ശ്രദ്ധിച്ചാൽ കാണാം നമ്മളിൽ നിന്നും പ്രശ്നം വെളിയിൽ പോകുമ്പോഴാണ് അശാന്തി വരുന്നത് വെളിയിലൊന്നും നമ്മളുടെ കയ്യിലില്ലെന്നും ഭാര്യയോ മക്കളോ ബന്ധുക്കളോ ഗവൺമെന്റോ പ്രകൃതിയോ ഒന്നും നമ്മളുടെ കയ്യിലില്ല നമ്മളുടെ ശരീരമേ നമ്മളുടെ കയ്യിലില്ല മഴ പെയ്യണം എന്ന് വിചാരിച്ച മഴ പെയ്യോ പെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പെയ്യാതിരിക്കുവോ ഒന്നും പറയാൻ വയ്യ അതേപോലെ തന്നെ നമ്മളുടെ ശരീരം തന്നെ നമ്മളുടെ കയ്യിലില്ല വായൂരിവ സുദുഷ്കരം എന്ന് അർജുനൻ പറഞ്ഞത് നമ്മളുടെ മനസ്സ് നമ്മളുടെ ശരീരത്തിനെല്ലാം ശരീരത്തില് വായു അളകിയാ എന്തു ചെയ്യാൻ പറ്റും കപമിളകിയാ എന്തു ചെയ്യാൻ പറ്റും വാദം ഇളകിയ എന്ത് ചെയ്യാൻ പറ്റും പിത്തമിളകിയാ എന്തു ചെയ്യാൻ പറ്റും തപവാദ പിത്തങ്ങളൊക്കെ അതിൻ്റെ പാട്ടിൽ അതിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ശരീരത്തിൽ അത് പോലെ സീസൺ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും വെതർ ചേഞ്ച് പോലെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കണ്ടു നിൽക്കാനേ പറ്റൂ അപ്പോ ഇയാള് വിരക്തനാവുകയാണ് ഇതിലൊക്കെ വിരക്തനാവുകയാണ് ഇതിലൊക്കെ വിരക്തനായിട്ട് അതൊക്കെ എന്ത് വേണമെങ്കിൽ നടത്തിക്കോട്ടെ ഞാൻ ശാന്തമായിട്ടിരിക്കും എന്ന് അഭ്യസിക്കുകയാണ് വീണ്ടും വീണ്ടും ഈ തത്വത്തിനെ ഓർത്തോർത്ത് തന്നിലിരിക്കുന്നവനാണ് അഭ്യാസം ചെയ്യുന്ന യോഗി അവൻ മനസ്സിൽ വരുന്ന വിചാരങ്ങളെ ഒന്നിൽ ഹൃദയത്തിൽ അടക്കുന്നു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു ഹൃദയത്തിൽ അടക്കണതാണ് ആത്മവിചാരമാർഗം എന്ന് പറഞ്ഞത് ഉപേക്ഷിക്കുന്നത് ഉദാസീന ഭാവമാണ് ചുമ്മായി എന്ന് പറയുന്നത് ഉപേക്ഷയാണ് മനസ്സിൽ വിചാരം വരണോ വന്നിട്ട് പോട്ടെ ഓരോരിക്കും വിചാരങ്ങൾ വരുമ്പോഴും ഒരു പുറമേക്ക് ഒരു നായിനെ കാണുന്നില്ലേ നമ്മൾ എന്ത് ചെയ്യണു നായുടെ പുറകെ നടക്കണില്ലല്ലോ അത് പോണു നമ്മളും പോണു അതുപോലെ മനസ്സിൽ വിചാരം വന്നു വന്നു എന്താപ്പോ അത് പോയി അതിനനുസരിച്ച് ഞാനൊന്നും പ്രവർത്തിക്കണില്ല ഈ ഔദാസീന്യവും അഭ്യാസം കൊണ്ട് നേടിയെടുക്കുകയാണ് വൈരാഗ്യം കൊണ്ട് നേടിയെടുക്കാണ് ഇത്രയും പറഞ്ഞ് അടുത്ത ശ്ലോകം നോക്കാം